ഗുരുസ്മരണയോടുകൂടി കഠോവംശ തൃതീയവന്യ മലയാളം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് തൃതീയവെന്നിയാണ് വൃതം വിബന്ധോ എന്നുടങ്ങുന്ന മന്ത്രങ്ങളാണ് ഇവിടെ നജീകീരസിന്റെ ചോദ്യത്തിനുത്തരമായിട്ട് ബ്രഹ്മതത്വത്തെ വിശദീകരിക്കുകയാണ് ബ്രഹ്മതത്വത്തെ വിശദീകരിക്കുമ്പോൾ ജീവൻ ജീവനും ബ്രംഭവുമായിട്ടുള്ള ബന്ധം ഇതും വിശദീകരിക്കണം അതാണ് ഈ മന്ത്രത്തിൽ അതിനെ രണ്ടിനെയും സൂചിപ്പിക്കുന്നത് ഹൃദയാകാശത്തിൽ ഒരേ പരമാത്മാവ് തന്നെ ശരീരം ഇന്ദ്രിയം അന്ധക്കരണം തുടങ്ങിയ ഉപാധികളോട് ൊണ്ട് ജീവഭാവത്തിരിക്കുന്നു ഉപാധികൾ എന്ന് പറയും ജീവഭാവത്തെ ഉണ്ടാക്കുന്നവയെ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളെ ഇവിടെ സാങ്കേതികമായ ഭാഷയിൽ ഉപാധി എന്ന് പറയും അപ്പം പരമാത്മാവിന് ജീവഭാവം ജീവത്വം എന്ന് പറയുന്ന ഈ അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് ഉപാധികളായി നിൽക്കുന്നതാണ് മുഖ്യ ഉപാധികൾ ശരീരം ഇന്ദ്രിയം അന്ധകരണം അതിനോട് ബന്ധപ്പെട്ട പ്രാണന്മാര് ബുദ്ധി അഹങ്കാരം തുടങ്ങിയവയെല്ലാം ഇതിന് മുഖ്യ ഉപാധികളെന്ന് പറയുന്നു ശരീരബാഹ്യമായിട്ടുള്ളതിനെല്ലാം ജീവന്റെ ഗൌണ ഉപാധികളെന്ന് പറയുന്നത് ഗൗണമായ ഉപാധി മുഖ്യമല്ലാത്ത ഉപാധി അവയും ഈ പരമാത്മാവിന് ജീവൻ ജീവാവസ്ഥ ഉണ്ടാക്കുന്നതിന് ഹേതുക്കളാണ് പക്ഷെ അത് മുഖ്യമായിട്ടല്ല ഗൗണമായിട്ടും ഒരു ജീവനും സ്വശരീരം മുഖ്യോപാധിയും പല ശരീരങ്ങൾ അന്യ ശരീരങ്ങളെല്ലാം അംഗോണോ ഉപാധികളുമാണ് ജീവന്റെ വ്യവഹാരം വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്ത വാക്ക് പ്രവൃത്തി ഇത് മൂന്ന് ഈ വ്യവഹാരങ്ങൾക്ക് മുഖ്യമായി ആശ്രയിക്കുന്നത് സ്വശരീരത്തെയും ആ ശരീരത്തോട് ബന്ധപ്പെട്ട ഉപാധികളെയുമാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് അതിന് മുഖ്യ ഉപാധികളെന്ന് പറയുന്നത് അതേ ജീവൻ തന്നെ അതിൻ്റെ വ്യവഹാരത്തിൽ സ്വശരീരബാഹ്യമായിരിക്കുന്ന പരശരീരങ്ങളെ പ്രപഞ്ചത്തെ അതായത് പഞ്ചഭൂതങ്ങൾ അവയുടെ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ എല്ലാത്തിനും ആശ്രയിക്കുന്നുണ്ട് സപ്തലോകങ്ങളെയും ആശ്രയിക്കുന്നുള്ളു സപ്തലോകങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സപ്തലോകങ്ങളെ സംബന്ധിച്ചുള്ള വ്യവഹാരമായി അപ്പം ജീവൻ സ്വ വ്യവഹാരത്തിന് ആഗ്രഹിക്കുന്നു ആശ്രയിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം ജീവന്റെ ഗൌണോപാധികളാണ് അപ്പോൾ പരമാത്മാവ് ജീവാത്മഭാവത്തിൽ വരുന്നതിന് ഈ ഗൗണ മുഖ്യ ആശ്രയിക്കുന്നു നിരന്തരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ വേറെ തരത്തിൽ കാലദേശങ്ങളെന്നും പറയുന്നു കാലദേശങ്ങളെ ആശ്രയിച്ച് കാലം ദേശം ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിമിത്തം കാലം ദേശം നിമിത്തം ഈ മൂന്നിനെയും ആശ്രയിച്ചു കൊണ്ട് ജീവൻ വ്യവഹാരങ്ങളിൽപ്പെടുന്നു ജീവഭാവം വരുന്നു ആ ജീവഭാവത്തിൻ്റെ പ്രകടത പ്രാഗട്യം എന്ന് പറയും അത് പ്രകടമാകുന്ന അതിൻ്റെ മുഖ്യസ്ഥാനം അതിനിവിടെ ഹൃദയാകാശം ഒന്ന് ഭാഷത്തിൽ പറഞ്ഞു ചെയ്യുന്നു ഹൃദയാകാശം എന്ന് മുഖ്യസ്ഥാനം അത് പ്രകടമാകുന്ന മുഖ്യസ്ഥാനം ജീവഭാവം പ്രകടമാകുന്ന മുഖ്യസ്ഥാനം ആ ജീവഭാവം പ്രകടമാകുന്ന ഗോണസ്ഥാനമാണ് സ്ഥൂല ശരീരം ഒരു ജീവൻ അതിൻ്റെ വ്യവഹാരത്തിന് അനന്തമായ ഉപാധികളെ ആശ്രയിക്കുന്നു ബാഹ്യവും സ്വകീയവുമായിട്ടുള്ള ഉപാധികൾ സ്വകീയ ഉപാധികൾ എന്ന് പറയുന്നതാണ് എന്റെ മുഖ്യ ഉപാധികൾ ശരീരം ഇന്ദ്രിയം മനസ്സ് ഇവയെല്ലാം സ്വകീയ ഉപാധികൾ തൻ്റെതായ ഉപാധി അത് ബാഹ്യ ഉപാധികളെ സ്വീകരിക്കുന്നു ആനപ്പറയുന്നു പരകീയ ഉപാധികൾ പരകീയമായ ഉപാധി അന്യ ഉപാധികൾ അതിനെ ആശ്രയിക്കുന്നു അതുപോലെ ജീവന് പ്രകടമാകുന്നതിന് മുഖ്യമായ സ്ഥാനമായിരിക്കുന്നതാണ് ഹൃദയാകാശം അതതിൻ്റെ നിജസ്ഥാനമാണ് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം ഹൃദയമാണ് ആ ജീവന്റെ സ്ഥാനം എന്ന് പറയും ജീവൻ എവിടെയിരിക്കുന്നു ഹൃദയത്തിലിരിക്കുന്നു ഹൃദയം എന്ന് പറയുമ്പോൾ മാംസഭിണ്ടവൻ്റെ അന്ധകരണമാണ് ഹൃദയം എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ചിത്താകാശം വെറും ആകാശം അന്തക്കരണം മനസ്സ് ബുദ്ധിഗുഹ ഇങ്ങനെ പല ഭാഷകളിൽ പറയും ഒന്നാണ് അത് ജീവൻ പ്രകടമാകുന്ന അതിൻ്റെ നിജസ്ഥാനം അതതിൻ്റെ പ്രകടമാകുന്നതിനുള്ള മുഖ്യോപാധിയാണ് അതേ ജീവൻ തന്നെ പ്രകടമാകുന്നതിനുള്ള ധൂണുപാധിയാണ് സ്ഥൂല ശരീരം പ്രകടമാകുന്നതിനുള്ള ഗൌണോപാധി അത് സ്ഥൂല ശരീരം അതുകൊണ്ടാണ് ജീവഭേദം വരുന്നത് കാരണം ജീവന് ഒരു ജീവന് അതിൻ്റെ അതിന് പ്രകടമാകുന്നതിന് മുഖ്യോപാധിയായി ഹൃദയാകാശവും ഗൌണോപാധിയായി ശരീരവും ഇത് രണ്ടുമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരു ശരീരത്തിൽ പ്രകടമാവാൻ പറ്റുന്നില്ല ഒരു ജീവന് ഒരു ശരീരത്തിലെ പ്രവർത്തിക്കുന്നു വേറൊരു ശരീരത്തിൽ ഒരു ജീവന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കാരണം അതിന് ഈ രണ്ട് ഉപാധികളേ ഉള്ളൂ ഹൃദയവും ശരീരവും ഈ രണ്ടുപാധികളിലൂടെയാണ് ജീവൻ പ്രകടമാകുന്നത് ആ ശരീര സ്ഥൂല ശരീരമാകുന്ന ഉപാധിയിലൂടെയുള്ള ഇവിടെ പറയും നവദ്വാരെ പുരേ ദേഹി എന്നെല്ലാം പറയും നവദ്വാരങ്ങളിലൂടെ അത് ആ ജീവൻ ബാഹ്യവ്യവഹാരങ്ങളിൽ ഏർപ്പെടണം അപ്പോൾ ബാഹ്യവ്യവഹാരങ്ങളിൽ ജീവൻ ഏർപ്പെടുന്നതിന് ജീവൻ പ്രകടമാകുന്ന ഗുണോപാധി അത് ശരീരം വ്യവഹാരത്തെ സംബന്ധിച്ച ശരീരം മുഖ്യോപാധിയാണ് ജീവന്റെ ആവിർഭാവത്തെ സംബന്ധിച്ച ശരീരം ഗുണോപാധി ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ശരീരത്ത് ബന്ധപ്പെട്ടാണ് അപ്പോ ജീവന് ഒരു ജീവന് മറ്റ് ജീവന്മാരിൽ നിന്ന് ഒരു ശരീരം വേർതിരിക്കുന്നു ശരീരമാണ് വേർതിരിക്കുന്നത് ഭേദത്തെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ ഭാഷയിൽ അതിന് പറയുന്നത് അവച്ഛേദകമെന്ന് പറയും നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനെഴുതിയിരിക്കും അവച്ഛേദകം ജീവന്റെ അവച്ഛേദകമാണ് ശരീരം എന്ന് പറയും അപ്പം അങ്ങനെ ഒരു ശബ്ദം നമ്മൾ ഏതെങ്കിലും ശാസ്ത്ര ഗ്രന്ഥങ്ങളെടുത്ത് വായിക്കുമ്പോൾ കണ്ടുകഴിഞ്ഞാൽ ഭയപ്പെടരുത് അതിന് ഇത്രയേ ഉള്ളൂ താല്പര്യം മറ്റ് ജീവന്മാരിൽ നിന്നും ഒരു ജീവനെ വേർതിരിക്കുന്നത് അതൊരു ശരീരമാണ് അങ്ങനെ ജീവൻ അവച്ഛേദവുമായി ശരീരം വന്നു ജീവന്മാർ പലതായി നാനാത്വം ഇതെല്ലാം ഒരു ജീവൻ ഒരു അന്ധകരണത്തിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ ഓരോ ശരീരത്തിനും വേറെ വേറെ അന്ധകരണങ്ങളും വേറെ വേറെ ജീവന്മാരി ഇരിക്കുന്നു ോ ശരീരത്തിലും ഇരിക്കുന്ന അന്ധകർണത്തെ ശരീരം അവച്ഛേദിക്കുന്നു അതുകൊണ്ടാണ് അന്ധകർണത്തെ പലതെന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ അന്ധകരണം ഒന്നാണ് പല ശരീരങ്ങളിലും ഇരിക്കുന്ന അന്ധകരണം ഒന്ന് തന്നെ പക്ഷെ ശരീരം അതിന് അവച്ഛേദകമായി നിൽക്കുമ്പോൾ അതിന് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നായി നിൽക്കുമ്പോൾ അന്ധകരണങ്ങൾ അത് പലതാണെന്ന് പറയുന്നു മനസ്സ് അല്ലെങ്കിൽ അന്ധക്കരണം ബുദ്ധി എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ഏകമാണ് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ സമഷ്ടി എന്ന് പറയുന്നത് ഒന്നായത് കൊണ്ടാണ് വൃഷ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ശരീരം അതിനെ വേട്തിരിക്കുന്നോണ്ട് ഓരോ ജീവനും വേറെ വേറെ അന്ധകരണങ്ങളെന്ന് ശരീരം അതിനെ വേട്തിരിച്ചു വെക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വൃഷ്ടി എന്ന് വിളിക്കുന്നു സമഷ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ ശരീരമാകുന്ന ഉപാധി അവച്ഛേദത്തെ വിട്ടിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ അന്ധക്കരണമെന്ന് പറയുന്നത് ഒന്നാണ് ഒരേ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നും ഉണ്ടായി ഒന്നായിരിക്കുന്ന ഒരു വസ്തുവാണ് പക്ഷെ ഓരോ ശരീരവും അതിനെ വേർതിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ വേറെ വേറെ അന്ധക്കണ്ണു എന്ന് പറയേണ്ടി വരുന്നു ഇങ്ങനെ ജീവൻ ഹൃദയാകാശത്തിൽ പ്രകടമായിരിക്കെ അല്ലെങ്കിൽ ആ പരമാത്മാവ് ജീവഭാവത്തിൽ ഹൃദയത്തിൽ പ്രകടമായിരിക്കെ അതേ പരമാത്മാവ് തന്നെ സർവ ഉപാധിവിനർമുക്തമായി യാതൊരു ഉപാധികളും ഇല്ലാതെ ആ ഹൃദയദേശത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഒരേ സമയം തന്നെ ഇത് രണ്ട് സംഭവിക്കുന്നു ഒരേ സമയം പരമാത്മാവ് സോപാധികനായും നിരുപാധികനായും സ്ഥിതി ചെയ്യുന്നു ഒരേ സ്ഥലത്ത് എവിടെയാണോ നമ്മൾ പരമാത്മാവിനെ കൽപ്പിക്കുന്ന അവിടെ തന്നെ എങ്ങനെ സ്വീകരിക്കുന്ന സിദ്ധാന്തത്തെയാണ് അദ്വൈതം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വീകരിച്ചു നമ്മൾ പരമാത്മാവിനെ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നു ഏതെങ്കിലും ഒരു ദേശത്തോ ഏതെങ്കിലും ഒരു കാലത്തിലോ ഈശ്വരൻ നിലനിൽക്കുന്നു എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് അതേ ദേശത്ത് അതേ കാലത്തിൽ ഈശ്വരൻ സർവോപാധികളോടും കൂടി ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യും ആജീവഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ പശു പക്ഷി മൃഗാദികൾ തുടങ്ങി ദേവന്മാർ ഇവിടെ പറയുന്ന ഹിരണ്യഗർഭന്മാർ ഉള്ളതെല്ലാം ജീവഭാവമാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് പ്രഥമജീവൻ എന്ന് പറയും ഭാഷയത്തിൽ പല ഭാഗങ്ങളും പറയും ഈ സർവ്വജീവന്മാരും കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ സ്വജീവഭാവത്തെ അനുഭവിക്കുമ്പോൾ താൻ ജീവനാണ് തന്റെ ജീവഭാവത്തെ സർവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതു ദേശത്തിലും ഏതു കാലത്തിലും ജീവഭാവത്തെ നമ്മൾ കൽപ്പിച്ചാൽ അതേദേശത്ത് അതേ കാലത്ത് ആ പരമാത്മാവ് സർവോപാധി വിനർമുക്തനായി ഏതൊരു ഉപാധികളും കൂടാതെയും സ്ഥിതി ചെയ്യുന്നു എന്ന് സിദ്ധാന്തിക്കുന്നതാണ് അദ്വൈതം ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ മന്ത്രത്തിന് ഭാഷ്യകാരം കൊടുത്തിരിക്കുന്നത് ഹൃതം വിബന്ധോ എന്ന് വിളകുന്ന മന്ത്രത്തിൽ ഇതിന് ദാർശനികന്മാരും ദ്വൈതികളും വിശിഷ്ടാദ്വൈതികൾ എല്ലാം പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഇത്തരം മന്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഭാഗത്താണ് ഈ ദർശനങ്ങൾ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം അങ്ങനെ ഇത്തരം ഭാഗങ്ങളിലാണ് രാജേരിസ്വാമികൾ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞത് തസ്മിൻ ഹി പരം ബ്രഹ്മോപലഭ്യത ആ പരബ്രഹ്മത്തെ പരബ്രഹ്മം ഉപലഭ്യമാകുന്നതും ഈ ഹൃദയാകാശത്തിൽ തന്നെ അതാര്ക്ക് ഉപലഭ ഉപലഭ്യമാകുന്നു ആ ജീവന് ആ ജീവൻ സ്ഥിതിയെന്നും അവിടെ തന്നെ രണ്ടും ഒരേ സ്ഥാനത്ത് ഒരേ കാലത്തിൽ എന്ന് നമുക്ക് പറയാം അതാണ് അതിന്റെ അദ്വൈതപരമായിട്ടുള്ള വ്യാഖ്യാനം അങ്ങനെ ഹൃദയത്തിൽ ഉപാധിരഹിതനായിരിക്കുന്ന ആ പരമാത്മാവിന് സാക്ഷാത്കരിക്കുന്നതിന് അതേ സ്ഥാനത്ത് തന്നെ ഉപാധിയോടു കൂടിയ അജീവൻ പരിശ്രമിക്കുന്നു ഇത് രണ്ടുമൂന്ന് തന്നെ ആ പരമാത്മാവ് തന്നെ ഹൃദയത്തിൽ ജീവഭാവത്തെ കൈക്കൊണ്ട് ബന്ധനസ്ഥനായെന്ന് കരുതി അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന ഉപാധിരഹിതനായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു ഇത് രണ്ടും ഒരേ ദേശത്ത് ഒരേ കാലത്തിൽ ഒരേ വസ്തുവിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ് അത് യുക്തി കൊണ്ടൊരിക്കലും പൊരുത്തപ്പെടാൻ താൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇതെങ്ങനെ സംഭവിക്കും ഒരേ ഹൃദയാകാശത്തിൽ പരമാത്മാവ് നിത്യമുക്തനായി സ്ഥിതി ചെയ്യുന്നു ആ പരമാത്മാവ് ജീവഭാവത്തിലിരുന്ന് സ്വമുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ഇതിനെന്താണ് യുക്തി ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്താൻ കഴിയും ഇതിനൊരു വിരോധാഭാസം തോന്നും ആ വിരോധാഭാസത്തിനാണ് അദ്വീതികൾ മായ എന്ന് പറയുന്നത് ഐക്തിഹീനത അതിനാണ് മായ എന്ന് പറയുന്നത് എന്തുകൊണ്ടതിന് യുക്തിഹീനത സംഭവിക്കുന്നു എല്ലാ യുക്തികളും ിയാണ് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിഹീനമായത് അപ്പം എല്ലാ യുക്തികളിലും യുക്തിഹീനതയുണ്ടായി അതുകൊണ്ട് അതാണ് മായ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവൻ ആ ജീവൻ സ്വയംബന്ധനസ്ഥനായി എന്ന് കരുതുന്ന ജീവൻ സ്വമോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ഉപായമാണ് സാധന അതിനുള്ള സാധന ആത്മീയ സാധന അതാണ് അടുത്ത് മന്ത്രം കൊണ്ട് വിശദീകരിക്കുന്നത് അതെങ്ങനെ സാധിക്കാം അതിനുവേണ്ടി പറയുന്നു ഈ ആത്മാവ ഒരു രഥിയാണ് ശരീര രഥമാണ് ബുദ്ധി സാരഥിയാണ് മനസ്സ് കടിഞ്ഞാണാണ് ആ തരത്തിൽ ജീവന് ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ജീവഭാവത്തെക്കുറിച്ചുമുള്ള ഒരു ബോധം ഉണ്ടാകണം വിവേകമെന്ന് പറയും ആത്മ അനാത്മവിവേകം എന്ന് പറയും ഇന്ദ്രിയങ്ങൾ അവിടെ കുതിരകളാണ് വിഷയങ്ങളാണ് കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ള വഴി അവിടെ ഈ ജീവഭാവം സംഭവിച്ചിരിക്കുന്ന ആർക്ക് പരമാത്മാവിനല്ല മനസ്സിനല്ല ബുദ്ധിക്കല്ല ഇന്ദ്രിയങ്ങൾക്കല്ല മറിച്ച് ഇവയെല്ലാം കൂടിച്ചേരുന്നൊരു സംഘാതം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സംഘാതം രൂപപ്പെടുന്നത് എന്തുകൊണ്ട് എങ്ങനെ അതിന് യുക്തിയൊന്നുമില്ല യുക്തിഹീനമായൊരു സംഘാതം അതിന ഭോക്ത എന്ന് പറയുന്നത് ജീവന്റെ സംസാരാവസ്ഥ അങ്ങനെ ഭോക്തൃത്വം എന്ന് വിളിക്കുന്നു ഭോക്താവായിരിക്കുന്നു സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനായിരിക്കുന്നു അതാ പരമാത്മാവിന് ജീവഭാവം വന്നു ആ ജീവന് വന്ന സംസാരസ്ഥിതി സംസാരാവസ്ഥ അങ്ങനെയാണ് ഭോക്താവ് എന്ന് ഈ സംഘാതത്തിനാണ് ഭോക്തൃത്വം വരുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം പരമാത്മാവലും സംസാരിയാകുന്നില്ല അതിന് ഭോക്തൃത്വമുണ്ട് ഇവിടെ മായകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സംഘാതം ആ സംഘാതത്തിനാണ് ഭോക്തൃത്വം സംഭവിച്ചിരിക്കുന്നത് ആ സംഘാതത്തെ ആ ഭോക്തൃത്വത്തെ ഭോക്തൃത്വ അവസ്ഥയെ ആ സംഘാതത്തിന് വന്നിരിക്കുന്ന ആ ഭോക്തൃത്വ അവസ്ഥയെയും ആ സംഘാതത്തെയും ഒരുവൻ അവന്റെ ബുദ്ധി ധരിക്കുന്നു ധരിച്ചിട്ട് ആ വിവേകം അതിനാണ് വിവേകമെന്ന് പറയുന്നു ആ വിവേകത്തിന്റെ ബലത്തിൽ അവൻ ഈ സംഘാതത്തിൽ പരമാത്മാവിനെ വേർപ്പെടുത്താൻ ശ്രമിക്കുന്നു അതാണ് മോക്ഷത്തിനു വേണ്ടിയുള്ള ജീവന്റെ പരിശ്രമം ആ പരിശ്രമം സഹജമായി സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് തന്നെയാണ് സംസാരം എന്ന് പറയുന്നത് ബോധപൂർവം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിനാണ് നമ്മൾ ആത്മീയ സാധന എന്ന് പറയുന്നത് സംസാരം എന്ന് പറയുന്നിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവന്റെ ഭോക്തൃത്വം എന്ന് പറയുന്നത് വാസ്തവത്തിന് എന്തിനു വേണ്ടിയാണ് മുക്തിക്ക് അതാണ് നമ്മൾ സാധാരണ ഭാഷ പറയുന്നത് നമ്മൾ സുഖത്തെ അന്വേഷിക്കുന്നത് അത് പരമമായൊരു സുഖത്തെ അന്വേഷിക്കുകയാണ് ആ പരമമായ സുഖമാണ് മോക്ഷം എന്ന് പറയുന്നത് ജീവന്റെ ഈ സംസാരാവസ്ഥ എന്ന് പറയുന്നത് ആ ജീവന്റെ സഹജമായ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അത് വിവേകപൂർവമാകുമ്പോൾ വിവേകപൂർവകമാകും അവിടെയാണ് ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും ആവശ്യം ഇവിടെ രഥരൂപക കൽപ്പന അത്ര ഒരു വിവേകത്തുണ്ടാകാൻ വേണ്ടി പറയുകയാണ് വാതരസാധനയായി മാറുന്നു ആത്മീയ സാധനയായി മാറുന്നു ഇത് മനസ്സിലാക്കി ശരീരത്തെ രഥമായി അതിന്റെ ഉള്ളിലിരിക്കുന്ന ജീവന് രഥസ്വാമിയായി മനസ്സിനെ അതിന്റെ കടിഞ്ഞാണായി എല്ലാം മനസ്സിലാക്കി വിവേകപൂർവം ഈ ജീവന് ഈ രഥ സ്വാമിയായിരിക്കുന്ന ജീവന് ബുദ്ധിയാകുന്ന സാരഥി ലക്ഷ്യത്തിലെത്തിച്ചാൽ മാത്രമേ ആ ജീവന് മോചനം ലഭിക്കുന്നുള്ളൂ യുക്തിഹീനതയിൽ നിന്നും അതായത് മായയിൽ നിന്നും മോചനം ലഭിക്കത്തുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് ഗതി ഒന്ന് സംസാരഗതി ഒന്ന് മോക്ഷഗതി സംസാരഗതി എന്ന് പറയുന്നത് സഹജമായ പ്രയാണം ജീവന്റെ ഗതി അതിനുവേണ്ടി ജീവൻ പ്രത്യേകിച്ച് അന്ന് ചെയ്യേണ്ടതില്ല മോക്ഷഗതി എന്ന് പറയുന്നത് വിവേകപൂർവകമായ ഗതി അത് മനസ്സിലാക്കി തരാനാണ് ഇവിടെ രഥ രൂപകം എന്ന് പറയുന്നത് അത് ഒമ്പതാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു വിജ്ഞാന സാരഥിസ്തു മനഃപ്രഗ്രഹവാൻ നരഹ്വന പരമാനോദി ഈ സംസാരത്തിന്റെ പാരം മറുകരയിലെത്തിച്ചേരുന്നു തദ്ണു പരമം പദം അതാണ് പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അതിനവൻ പ്രാപിക്കുന്നു വിവേകം കൊണ്ട് അവിവേകത്തെ നഷ്ടപ്പെട്ട് അവൻ നിജസ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് മനസ്സിനെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ചിന്തിച്ചാൽ ആ പരമാത്മാവിൽ ചിന്ത എത്തിച്ചേരും അതിനുവേണ്ടി പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് ർത്ഥം അതിനും അപ്പുറമാണ് മനസ്സ് മനസ്സിനും അപ്പുറമാണ് ബുദ്ധി ബുദ്ധിക്കപ്പുറമാണ് മഹാൻ ആത്മ അതിനപ്പുറമാണ് അവ്യക്തം അവ്യക്തത്തിനും അപ്പുറമാണ് പുരുഷൻ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത അങ്ങനെ പരമപുരുഷനിൽ മനസ്സിനെത്തിക്കുക കാരണം ബുദ്ധി വളരെ സ്ഥൂലവും വാസനാബദ്ധവും ബഹിർമുഖവുമാണ് ആ ബുദ്ധിയെ അന്തർമുഖമാക്കി സൂക്ഷ്മമാക്കി വാസനാ നിർമുക്തമാക്കി പരമാത്മാവിലെത്തിക്കണം അല്ലെങ്കിൽ ബുദ്ധിക്ക് അവിടെ പ്രവേശനമില്ല അതിനുവേണ്ടിട്ടുള്ള ഒരു ചിന്താ രീതി അതാണ് ഈ രണ്ടു മന്ത്രങ്ങളിൽ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മപ്രകാശം ബുദ്ധിയിൽ പ്രതിഫലിക്കും അതാണ് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ദൃശ്യ ചെയ്തു അഗ്നിയ ബുദ്ധിയ അതിസൂക്ഷ്മമായ ബുദ്ധിയുണ്ട് അതിസൂക്ഷ്മമായ ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് അതിൻ്റെ മാലിന്യങ്ങളെല്ലാം മാറി അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വച്ഛത ശുദ്ധത ആർജിക്കുന്നു അല്ലെങ്കിൽ നൈർമല്യം നിർമ്മലത കൈവരുന്നു ആ നിർമ്മലത കൊണ്ട് ബുദ്ധിക്ക് വരുന്ന ഒരു സ്വഭാവവിശേഷമാണ് ബുദ്ധിയുടെ അഗ്രത എന്ന് പറയുന്നത് ഏകാഗ്രത എന്ന് പറയുന്നു അത് നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൂ അതുപോലെ ഒരിക്കലും വിഷയഗ്രഹണ സാമർഥ്യമല്ല വിഷയങ്ങൾ അവഗ്രഹിക്കുന്നതിനും ധരിക്കുന്നതിനുമുള്ള ബുദ്ധിയുടെ ശക്തിയല്ല ധാരണാശക്തിയല്ല ഏകാഗ്രത അഗ്രത എന്ന് പറയുന്നു മറിച്ച് വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെട്ട ബുദ്ധിയുടെ സ്വഭാവവിശേഷമാണ് അങ്ങനെയുള്ള സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഈ പരമാത്മാവിനെർശിഭി സൂക്ഷ്മദർശികൾ സാക്ഷാത്കരിക്കുന്നു അങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും സാധാരണ ജീവന്റെ ബുദ്ധി പരമാത്മാവിൽ അകന്നിരിക്കുന്നു ബഹിർമുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അകന്നിരിക്കുന്നു എന്തുകൊണ്ടോ വാസന മുഖ്യകാരണമായിരിക്കുന്നു വാസനാ ബലം അതുകൊണ്ടത് അകന്നിരിക്കുന്നു ബഹുർമുഖമായിരിക്കുന്നു ഈശ്വരോന്മുഖമാകുന്നില്ല അത് ഈശ്വരോന്മുഖമാകണമെങ്കിൽ അതിൽ സദ്വാസനകൾ വർദ്ധിക്കണം രണ്ടും അനുക്രമമായി സംഭവിക്കണം സദ്വാസനകൾ വർദ്ധിക്കണം മാലിന്യങ്ങൾ കുറയണം അഴുക്ക് പിടിച്ച വെളുത്ത വസ്ത്രം കഴുകുമ്പോൾ അഴുക്ക് മാറുന്നതിനനുസരിച്ച് വെളുപ്പ് വർദ്ധിച്ചു വരും ഇത് രണ്ടും ഒരേ സമയം മനസ്സിൽ സംഭവിക്കണം വാസന ദാർഢ്യം അത് ദുർബലമാകും വാസന ആ മനസ്സിൽ സദ്ഗുണങ്ങൾ വർദ്ധിച്ച് അതിന് ശുദ്ധി കൈവര്യം വേണം ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ബഹിർമുഖമായിരിക്കുന്ന മനസ്സ് ഈശ്വരോന്മുഖമാകും അങ്ങനെയുള്ള മനസ്സിൽ തത്വം പ്രകാശിക്കുന്നു ഈശ്വര തത്വം പ്രകാശിക്കുന്നുണ്ട് ഈശ്വരൻ പ്രതിബിംബിക്കുന്നു ഈശ്വരന്റെ പ്രതിബിംബമാണ് ഈശ്വര തത്വ പ്രകാശിക്കുന്നു അതാണ് പറയുന്നത് ഈശ്വര സ്വയം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നു ആ മനസ്സിനെയാണ് അഗ്രയ ബുദ്ധിയ സൂക്ഷ്മമായ ബുദ്ധി എന്ന് പറയുന്നത് അത്തരം സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് സൂക്ഷ്മദർശികൾ പരമാത്മാവിനെ ദർശിക്കുന്നു എന്ന് സാക്ഷാത്കരിക്കുന്നുണ്ട് അങ്ങനെ സൂക്ഷ്മ ബുദ്ധികൾക്കാണ് അടുത്ത് പതിമൂന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്താണ് പ്രാജ്ഞ അവിടെ പറഞ്ഞു ആ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രാജ്ഞനു വേണ്ടിയുള്ളതാണ് അല്ലാത്തവനത് കഴിയത്തില്ല ഈ പറയുന്ന യോഗ്യതകളെല്ലാം സമ്പാദിച്ചവനാണ് മനസ്സിനെ അങ്ങനെ വിലയിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതിനുള്ള വഴികളെല്ലാം നിർദ്ദേശിച്ചിട്ട് സർവരോടുമായിട്ട് ശ്രുതി പറയുകയാണ് സർവജീവന്മാരോടും പറയുകയാണ് ഓരോ അധികാരികൾക്ക് അവരവരുടെ അധികാരിത്വം യോഗ്യത അതിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ വരും ഇതെല്ലാം എല്ലാവർക്കും വേണ്ടി പറയുന്നതല്ല ശ്രുതി ഏത് ആധ്യാത്മിക ശാസ്ത്രത്തിനുസരിച്ച് എല്ലാ ഉപദേശങ്ങളും എല്ലാവർക്കും വേണ്ടിയല്ല ഓരോരുത്തരും അവരവർ നിൽക്കുന്നള്ളത്തു നിന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങളായിരിക്കും അധികാരിക്കനുസരിച്ച് ഉപദേശം യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉപദേശം അടുത്ത സർവ്വ ജീവന്മാർക്കും വേണ്ടി പറയുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളെ നിർദ്ദേശിച്ച് പല അധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ട് പറയുന്നു വളരെ പ്രസിദ്ധമായ മന്ത്രം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാനി ബോധത എന്ന് പറയും ഇതാർക്കും കാര്യമാണ് ഉത്തിഷ്ഠത ഓണു ഭാഷകാരൻ പറയുന്നു അനാദ്യ അധികാരിഭേദത്തെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല പറയുന്നത് സർവ ജീവന്മാരോടും പറയുകയാണ് അതുകൊണ്ട് അണുഭാഷികാരൻ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു ജന്തവ ജീവന്മാരെ സർവരും അനാദിയവിദ്യാ പ്രസുപ്താഹ അനാദിയായ അവിദ്യയിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്നവരാണ് അജ്ഞാന തിമിരത്വം സംഭവിച്ചിരിക്കുന്നവരാണ് മോഹാന്ധകാരം മോഹമാകുന്ന അന്ധകാരത്തിൽ ഇരട്ടിൽ പെട്ടിരിക്കുന്നവരാണ് അവർ ഉത്തിഷ്ഠത എഴുന്നേൽക്കൂ ഉറങ്ങുന്നവരെങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് പറയുന്നു ആത്മജ്ഞാന അഭിമുഖാഹത ആത്മജ്ഞാനത്തിലേക്ക് അഭിമുഖന്മാരാവൂ എന്നാണ് ഇരുട്ടിൽ കഴിയുന്നവനോട് പറയുകയാണ് വെളിച്ചത്തിലേക്ക് വരൂ എന്ന് പറയുന്നത് വെളിച്ചത്തെ അന്വേഷിക്കൂ വെളിച്ചത്തെ അന്വേഷിക്കുന്നതിന് തയ്യാറാവൂ എങ്ങനെ അതിനുള്ള ഉപായം എന്താണ് ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ സമീപിച്ചിട്ട് അത് ഉപായം അതാണ് സർവരും ചെയ്യേണ്ട കാര്യമാണ് സർവ്വജീവന്മാരും വെളിച്ചത്തെ അന്വേഷിക്കണം ആ വെളിച്ചം പകർന്നു തരാൻ കഴിവുള്ള യോഗ്യന്മാരെ സമീപിക്കണം പക്ഷെ ഇട്ടിൽ നിന്നും വെളിച്ചത്തെ അന്വേഷിക്കാനും ആചാര്യന്മാരെ സമീപിക്കുന്നതിനും ഒന്നുകൂടി ആവശ്യമുള്ളതാണ് അടുത്ത ജാഗ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഉപദേശം ഫലവത്താകുന്നത് ഈ ജാഗ്രത ഉള്ളവരിൽ പോകണു സർവ്വരോടും പറയുകയാണ് പക്ഷെ പറഞ്ഞാലും അത് ആരും ചെവിക്കൊള്ളത്തില്ല എന്തുകൊണ്ട് ഈ പറയുന്ന ജാഗ്രത ഇല്ലാത്തതുകൊണ്ട് ആ ജാഗ്രതയാണ് വിവേകം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഒരല്പമാത്രമായ വിവേകം താൻ കഴിയുന്ന ഇരുട്ടിലാണ് വെളിച്ചം വേറെയാണ് ഇന്ന് വെളിച്ചമായി അറിയുന്നതൊന്നും വെളിച്ചമല്ല എന്നുള്ള തിരിച്ചറിവ് ആ ജാഗ്രത ഉള്ളവൻ മാത്രമേ പിന്നീട് അടുത്ത പടി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ പ്രാപ്തി വരാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിബോധത പിന്നെയാണവൻ ആത്മവിദ്യയെ സമ്പാദിക്കുന്നത് അപ്പോൾ ശ്രുതി അനാദികാലമായി സർവജീവന്മാരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം പക്ഷേ ജാഗ്രതയുള്ളവന് മാത്രമേ അത് ശ്രവിക്കാൻ പറ്റുന്നുള്ളൂ ഈ ജാഗ്രത എവിടെയാണ് ഇരിക്കുന്നത് ഈ ജാഗ്രത അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ജാഗ്രത പുറമേ നിന്ന് ആര് ഉപദേശിച്ചു ഈ സംസാരത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ജീവന്മാർ ഈശ്വരനെ അന്വേഷിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഈശ്വരനെ കൂടി ചിന്തിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ അതിനെ ചിന്തിച്ചു തുടങ്ങിയത് അന്വേഷിച്ച് തുടങ്ങിയത് ഈ പറയുന്ന ശ്രുതിയുടെ ഉപദേശത്തിനനുസരിച്ചിട്ടാണ് ജാഗ്രത എന്ന് പറയുന്ന ഉപദേശത്തിന് അനുസരിച്ചിട്ടാണ് ആ ഉപദേശം ബാഹ്യമായ ശബ്ദരൂപത്തിൽ നമ്മുടെ ശ്രവണകുടങ്ങളിൽ പതിഞ്ഞ് മനസ്സിലെത്തിച്ചേരുന്നതല്ല മറിച്ച് അവന്റെ ഉള്ളിൽ തന്നെ പ്രകടമാകുന്ന സർവര ഈശ്വരനെ അന്വേഷിക്കുന്നതിനുള്ള പ്രഥമമായ നിമിത്തം അവന്റെ ഉള്ളിലുണ്ടാകുന്ന ജാഗ്രതയാണ് പുറമെ ആരും തന്നെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നും എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് അവന്റെ ഉള്ളിൽ ജാഗ്രത സ്വയംസ്ഫരിക്കും അത് ഈശ്വരീയമായൊരു നിയമമാണ് അതിനാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ശ്രുതി എന്ന് പറയുന്നത് ഈശ്വരോപദേശമാണ് ഈശ്വരന്റെ ഒന്നോപദേശം നമ്മൾ സാധാരണ ധരിക്കും എന്തുകൊണ്ട് എന്റെ മനസ്സിൽ ഈശ്വരനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായി എന്തുകൊണ്ട് ഈശ്വരനെ ഈശ്വര തത്വത്തെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈശ്വരനെ അറിയണം എന്നുള്ള പ്രാഥമികമായൊരു വിചാരം എന്തുകൊണ്ടുണ്ടായി നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് ബാഹ്യമായ നിമിത്തങ്ങളെയാണ് ഒന്നുകിൽ ആരെങ്കിലും ആരുടെങ്കിലും ഈശ്വരനെക്കുറിച്ച് പറയുന്ന കേട്ട് അല്ലെങ്കിൽ ബാഹ്യമായി ഏതെങ്കിലും ഒരു മഹാത്മാവിനെ സന്ദർശിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചു പുറമെ എന്തെങ്കിലും ഒരു നിമിത്തം നമ്മൾ പറയും ഇതൊന്നും ഇതെല്ലാം നിമിത്തങ്ങളാണ് പക്ഷേ ഇതൊന്നും വാസ്തവ നിമിത്തമാണ് പ്രഥമമായി നിമിത്തം എന്ന് പറയുന്നത് ആ ജീവന്റെ അന്തർഭാഗത്തുണ്ടാകുന്ന ഈ പറയുന്ന ജാഗ്രതയാണ് ഈശ്വര സ്മരണയാണ് അത് ഒരുവന്റെ ഹൃദയാന്തർഭാഗത്ത് സ്ഫുരിക്കുന്നതാണ് ആ സ്ഫുരണമെന്ന് പറയുന്നത് ശ്രീയുടെ ഉപദേശമാണ് ഈശ്വരന്റെ ഉപദേശമാണ് അത് ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത് പ്രാപ്യപരാൻ ബോധത ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ സമീപിച്ച് ബോധത്തെ ആർജിക്കൂ എന്ന് പറയുന്നു അങ്ങനെ ആർജിക്കണമെങ്കിൽ അതിനു മുമ്പ് ഹൃദയത്തിൽ ഈ ഉപദേശം ജാഗ്രത എന്ന് പറയുന്ന ഉപദേശം സ്ഫിരിക്കണം അതാണ് ശ്രുതി അങ്ങനെ പറഞ്ഞത് ആദ്യം ജാഗ്രത പിന്നീട് ഗുരുപ്രാപ്തി പിന്നീട് ആത്മജ്ഞാന ലാഭം അപ്പൊ ഗുരുവിനെ സമീപിച്ചതിന് ശേഷം നല്ല ജാഗ്രത ഉണ്ടാകുന്നു ഗുരുവിനെ സമീപിക്കുന്നതിന് ജാഗ്രത വേണം ആ ജാഗ്രതയാണ് ഒരുവനെ ഗുരുവിന്റെ സമീപത്തിൽ എത്തിക്കുന്നത് ആ ജാഗ്രത സഹജമായി അവന്റെ ഹൃദയത്തിൽ സ്മരിക്കുന്നു അവന്റെ കാലദേശങ്ങൾ അനുകൂലമാകുമ്പോൾ അത് സ്മരിച്ചോളൂ എങ്ങനെ അത് ഈശ്വരന്റെ ഉപദേശമാണ് ശ്രുതിയുടെ ഉപദേശമാണ് അങ്ങനെയുള്ള ഒരു ഈശ്വരാഭിമുഖ്യം ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ സാധാരണ വേറൊരു ഭാഷ സാധാരണ ഭാഷയിൽ പറയാനുള്ള എന്താണ് എന്തുകൊണ്ട് അവൻ അങ്ങനെ തിരിഞ്ഞു അവനതിനുള്ള വാസന ഉണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെ ഒരു വാസനയുള്ളതുകൊണ്ട് അങ്ങനെ തിരും അവന് വിഷയവാസന അല്ല ഈശ്വര വാസന അതുകൊണ്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു ഈ വാസന എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ജാഗ്രതയാണ് സൽക്കർമ്മം ചെയ്യുന്നതിനുള്ള പ്രേരണ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പ്രേരണ ഇതെല്ലാം വാസനയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് സഹജമായി പ്രവർത്തിക്കുകയാണ് മനുഷ്യൻ അതുപോലെ ഈശ്വരാഭിമുഖ്യവും മനുഷ്യന് സഹജമായി തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ വാസന എന്ന് വിളിക്കുന്നത് ആ വാസന എന്താണത് വാസ്തവത്തിന് എന്താണത് ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് അതിന് മറ്റൊരു ഭാഷയിലാണ് നമ്മൾ പറയുന്നത് ശ്രുതി പക്ഷെ സർവ്വജീവന്മാരിലും അത് സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നില്ല അതിന് ജീവന് അജ്ഞാതങ്ങളായിരിക്കുന്ന നിമിത്തങ്ങൾ ഒരുമിക്കുമ്പോൾ അജീവന് മനസ്സിലാകുന്ന കാര്യമല്ല ഒരുമിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ ജാഗ്രതയുണ്ടാവും അവൻ ഈശ്വരാഭിമുഖ്യം ഉണ്ടാകുന്നു അപ്പോൾ അവൻ ശാസ്ത്രത്തെ അന്വേഷിക്കുന്നു ഗുരുവിനെ അന്വേഷിക്കുന്നു അങ്ങനെ പോകും അപ്പോൾ അതിന്റെ പ്രഥമ പ്രേരണ എന്ന് പറയുന്നത് ബാഹ്യമല്ല ആന്തരികമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അത് ശ്രുതി ബാഹ്യമായി ഉപദേശിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ ഉത്യഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ജാഗ്രത ആ ജാഗ്രത ഒരുമനിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവന്റെ ഗതി അതായത് ജീവന്റെ സഹജമായ ഗതി എന്ന് പറയുന്നത് അധോമുഖം എപ്പോഴാണോ എന്റെ ഉള്ളിൽ ഈ ജാഗ്രത വരുന്നത് ആ നിമിഷം മുതൽ ഇരട്ടത്തിരിക്കുന്ന ആൾ പുതിരി ഇരുട്ടത്തിരിക്കുന്ന ഒരാൾ വളരെ ദൂരെ ഒരു ചെറിയ പ്രകാശങ്ങണ്ട് അയാൾ ആ പ്രകാശത്തിന് പ്രകാശത്തിന് വേണ്ടി അല്പമായ പ്രകാശത്തെ ആശ്രയിച്ച് ആ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുന്നു കാരണം സഞ്ചരിക്കുന്നതിന് വെളിച്ചമ്മ അയാൾ ഇരിക്കുന്ന ഇരുട്ടിലാണ് സഞ്ചരിച്ച തീരു ഗതിജീവന്റെ സ്വഭാവമാണ് സഞ്ചരിക്കാതിരിക്കാൻ പറ്റുന്നത് ഒന്നിലയാൾ ഇരുട്ടത്തെ ചുറ്റിക്കറങ്ങും അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും ഒരു ചെറിയ പ്രകാശം കിട്ടുന്നത് വരെ ഇരുട്ട് തിരുത്തി തിരിഞ്ഞുകൊണ്ടേയിരിക്കും അത് ജീവന്റെ സ്വഭാവമാണ് ഒരു ചെറിയ പ്രകാശം വരുമ്പോൾ ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും എപ്പോഴാണോ ഈ ജാഗ്രത എന്ന ശ്രുതിയുടെ ഉപദേശം അവന്റെ ഉള്ളിൽ എത്തുന്നത് അപ്പോൾ ആ ജീവന്റെ ഊർധ ഗമനം അതായത് ആ ജീവൻ തിരിഞ്ഞ് സഞ്ചരിക്കാൻ തുടങ്ങുന്നു ജീവന്റെ ഊർദ്ധ ഗമനമെന്ന് പറയുന്നത് അതിന്റെ തിരിഞ്ഞള നടത്തേണം അതുവരെ ജീവൻ മുന്നോട്ടാണ് നടന്നുകൊണ്ടിരുന്നത് എപ്പോഴാണോ ഈ പ്രകാശം വരുന്ന് അപ്പോൾ അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങും എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത് അവിടെ യാത്ര അവസാനിപ്പിക്കണം ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അനാദിയായി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് എവിടെ നിന്നാണ് ആ യാത്ര തുടങ്ങിയത് അത് തിരിച്ചെത്തണം ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തിരിച്ചെത്തണം തിരിച്ചെത്തണമെങ്കിൽ പുറപ്പെട്ടെടുത്ത് തിരിച്ചെത്തണമെങ്കിൽ യാത്ര പിന്തിരിഞ്ഞ നടക്കണം അങ്ങനെ പിന്തിരിഞ്ഞു നടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഊർധഗമനം ജീവന്റെ ഊർദ്ധഗതി എന്ന് പറയുന്നത് ഊർധം മുകളിലേക്ക് യാത്ര എന്ന് പറയുന്നത് അതിന് കാരണമായിരിക്കുന്നത് ാണ് ഈ ജാഗ്രത എപ്പോഴാണോ ഒരുവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് ഇതിന് നമുക്കെന്ത് നിമിത്തം പറയാം ഈശ്വരന്റെ ഉപദേശമാണ് അല്ലെങ്കിൽ ശ്രുതിയുടെ ഉപദേശമാണ് അങ്ങനെ അവന്റെ ഉള്ളിൽ ജാഗ്രത സ്ഫുരിക്കുന്നു അവന്റെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം വരുന്നു ഈശ്വരനെ കുറിച്ചുള്ള ഒരു ചെറിയ അവബോധം അതാണ് ആ ജാഗ്രത അതിനെന്താണ് നിമിത്തം അതിനൊരു നിമിത്തം വരണമുണ്ട് പ്രപഞ്ചം കാര്യകാരണബദ്ധമാണ് ഈ സംസാരത്തിന് എന്ത് സംഭവിച്ചാലും അതിനൊരു കാരണ ജീവൻ ഇങ്ങനെ ഒരു ഈശ്വരാവബോധം അവന്റെ ഉള്ളിൽ വരുക ഈശ്വരാന്വേഷണം അവന്റെ ഉള്ളിൽ വരുക അതിനെന്താണ് കാരണം അതിനെയാണ് ഈശ്വര കൃപ എന്ന് പറയുന്നത് അതാണ് ഈശ്വര കൃപ അപ്പോ ഒരുവൻ ഈശ്വര കൃപയ്ക്ക് പാത്രീഭൂതനാകുമ്പോ ജീവൻ അവൻ്റെ ഉള്ളിൽ ഈ ജാഗ്രത ഉണ്ടാകുന്നു ശ്രുതിയുടെ ഉപദേശം അവന്റെ ഉള്ളിൽ എത്തിച്ചേരുന്നതാണ് ഈ ജാഗ്രത എന്ന് പറയുന്നത് ഇവിടെ ശ്രുതി പറയുന്ന ജാഗ്രത എന്ന ഉപദേശം ആ ജീവന്റെ അന്തർഭാഗത്ത് പ്രകടമാകുന്നതാണ് അതിന് ഈശ്വര കൃപയുണ്ടാവും അതുണ്ടാകുമ്പോൾ പ്രാപ്തി മഹാത്മാക്കളായ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ എത്തിച്ചേരുന്നു ജീവന്മാർ അവരവിടെ നിന്ന് നിബോധത ആത്മപ്രകാശ പൂർണമായ ആത്മപ്രകാശം എത്തിച്ചേരുന്നു ആ പ്രക്രിയയാണ് ആ വഴിയാണ് ഇവിടെ ഈ മന്ത്രത്തിൽ പറയുന്നത് വളരെ പ്രസിദ്ധമായൊരു മന്ത്രവും വളരെ മനനം ചെയ്യേണ്ടതുമായ ഒരു മന്ത്രമാണ് ഈ പതിനാലാമത്തെ മന്ത്രം അടുത്ത് പരമാത്മ സ്വരൂപത്തെ വീണ്ടും വിശദീകരിക്കുകയാണ് വീണ്ടും തത്വവിചാരമാണ് അതായത് ഉപദേശങ്ങൾക്കെല്ലാം ശ്രുതിയുടെ ഉപദേശത്തിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ബോധിപ്പിക്കുക മാർഗത്തെ കാണിച്ചു തരുക ഇതാണ് ഉപദേശ രീതി ഇടയ്ക്കിടയ്ക്ക് മാർഗത്തെക്കുറിച്ച് പറയും വഴികളെ കുറിച്ച് ശരിയായിരിക്കും അത് കഴിഞ്ഞ് ലക്ഷ്യത്തെക്കുറിച്ചും പറയും പിന്നെ ഫലത്തെക്കുറിച്ച് പറയും പിന്നെ ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ദൂരം അടുപ്പം ഇതെല്ലാം നമ്മൾ ബോധിപ്പിക്കും ഇതിൽ വന്നുചേരുന്ന വൈതരണികൾ അതിൽ വന്നുചേരുന്ന സഹായങ്ങൾ ഇതിനെല്ലാം സ്ഥിതി ബോധിപ്പിച്ചു കൊണ്ടേയിരിക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലക്ഷ്യത്തെ ബോധിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ അരോചകമായി തോന്നും കാരണം ഈ മാർഗത്തിൽ ഉള്ളിൽ ജാഗ്രത ഉണ്ടായി അതു നേരത്തെ നമ്മൾ പറഞ്ഞു ജാഗ്രത ഉണ്ടായാലേ നമ്മൾ ഗുരുവിനെ സമീപിക്കൂ ആത്മബോധത്തിന് പരിശ്രമിക്കൂ പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരി ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം അവരിൽ സഹജമായി നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലക്ഷ്യവിസ്മൃതി ലക്ഷ്യത്തെ വിസ്മരിച്ചു ആ മാർഗത്ത് സഞ്ചരിക്കുന്നവർ പോലും ലക്ഷ്യത്തെ വിസ്മരിച്ചു നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ പേര് മറന്നുപോകുന്നു എന്താണ് വാങ്ങേണ്ടതെന്ന് മറന്നുപോകുന്നു അതുപോലൊരവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരുവന്റെ ഉള്ളിൽ ജാഗ്രത ഉണ്ടായാൽ അവൻ ഈശ്വരാഭിമുഖമായി തിരിഞ്ഞാലും ആ മാർഗത്തിൽ അവൻ സഞ്ചരിക്കുന്ന അതിലാണെങ്കിലും അവൻ അവിടെ നിരന്തരം അവൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈശ്വരനെ വിസ്മരിക്കുക എന്നുള്ളതാണ് ബോധപൂർവം ചെയ്യുന്നു ഇത്രയെല്ലാം ഈശ്വര കൃപയ്ക്ക് പാത്രിഭൂതനായാലും അവൻ ഈശ്വരനെ വിസ്മരിച്ചാണ് ഈശ്വരനെ വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ് പ്രപഞ്ച വ്യവഹാരങ്ങളും മൊഴി പോവുക പ്രാപഞ്ചികമായ കാര്യങ്ങളും മൊഴി പോവുക വിസ്മരിച്ചിട്ട് ഞങ്ങൾ ഗുരുവിനെ സമീപിച്ചു ഗുരുവിനെ പ്രാപിച്ചു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രമായില്ല പക്ഷെ അവിടെ ആ സാന്നിധ്യത്തിൽ തന്നെ എന്തുവരും മായ പിടികൂടും അതാണ് മറക്കുന്നത് ഈശ്വരനെ വിസ്മരിച്ചു വാത്മീയ സാധനയിൽ ഒരുവൻ ഏത് ദേശത്തായാലും ഏത് കാലത്തായാലും അവന് നിരന്തരം ലക്ഷ്യവിസ്മൃതി ഈശ്വര വിസ്മൃതി സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സാധനാ മാർഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നിരന്തരം ശ്രുതി ലക്ഷ്യത്തെ വീണ്ടും ഓർമ്മിക്കുന്നത് അശബ്ദം അസ്പർശം അരൂപം അവ്യയം തഥാരസം നിത്യം അഗന്ധവച്ചയത് ഈ തത്വത്തെ വിസ്മരിക്കരുതെന്നാണ് എന്തുകൊണ്ട് ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിലുള്ള പ്രപഞ്ചം ആ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ മനസ്സങ്ങ് മുഴുകിപ്പോവുകയാണ് അപ്പം അശബ്ദം അസ്പർശം അരൂപം ഇതെല്ലാം വിട്ടുപോകും ശബ്ദം സ്പർശം അരൂപം ഇത് ഉറച്ചു നിൽക്കും മനസ്സിന് ലക്ഷ്യവിസ്മൃതി നിരന്തരം സംഭവിക്കും അത് സംഭവിക്കാതിരിക്കുന്നതിന് ലക്ഷ്യത്തെ കുറിച്ചുള്ള ഓർമ്മ അത് നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ആ ലക്ഷ്യത്തെ നമ്മളെ ബോധിപ്പിക്കുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാഗ്രത ഉള്ളിലുണ്ടായി ആ ജാഗ്രതയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജാഗ്രത ഉണ്ടായി ഈശ്വര അഭിമുഖമാകുന്നു മനസ്സ് പക്ഷെ മനസ്സിന്റെ അവസ്ഥ പെട്ടെന്ന് നഷ്ടപ്പെട്ടു നിരന്തരം നഷ്ടപ്പെട്ടു കാരണം വ്യവഹാരം എന്ന് പറയുന്നത് മായയുടെ സ്വഭാവമാണ് വ്യവഹാരം ഈ പ്രപഞ്ചത്തിന് എവിടെ ചെന്നാലും ശരി അവിടെയെല്ലാം പ്രപഞ്ചം വാസിഷ്ഠത്തിൽ പറയും വാശി മഹർഷി പറയുന്നതാണ് അത് വ്യവഹാര സങ്കുലമാണ് വ്യവഹാരം നിറഞ്ഞിരിക്കാൻ എവിടെയായാലും ഗുഹയിലിരുന്നാലും ശരി പാതാളത്തിൽ പോയിരുന്നാലും ശരി ആ വ്യവഹാരത്തെ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം സന്യാസം പോലെയുള്ള കഠിനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു വ്യവഹാരത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ എവിടെ ആയാലും വ്യവഹാരം വന്ന് എന്തുകൊണ്ട് മായയുടെ സ്വഭാവമാണ് അത് വ്യവഹാരം ഒരുവന് കൂടുതൽ ബന്ധിക്കുമ്പോൾ അവൻ ഈശ്വരനെ വിസ്മരിക്കും ഈശ്വര വിസ്മറി സംഭവിക്കും സാധനാ മാർഗത്തെ സഞ്ചരിക്കുന്നവനായാലിശ്ശേരി പക്ഷെ സാധനാ മാർഗത്തെ സഞ്ചരിക്കുന്ന ഒരു ജീവൻ വ്യവഹാരത്തെ പാടെ ഒഴിവാക്കിയിട്ട് മാർഗ്ഗത്തിൽ പോകാൻ കഴിയത്തില്ല കാരണം വാസനകൾ അവനെ വ്യവഹാരത്തിലേക്ക് വലിച്ചഴക്കും അപ്പം പിന്നെ അവന്റെ മുമ്പിൽ വരുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഈശ്വരസ്മരണ മറ്റൊന്ന് വ്യവഹാരം ഇത് രണ്ടും വേണം അപ്പൊ അതുകൊണ്ടാണ് സാധനാ മാർഗത്തിൽ ഈശ്വരസ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സാധനങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ആ ഈശ്വര സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നു ആ ശബ്ദത്തിൽ തന്നെ അശബ്ദത്തെ കാണുക സ്പർശത്തിൽ തന്നെ അസ്പർശത്തെ കാണുക രൂപത്തിൽ അരൂപത്തെ കാണുക തഥാർത്ഥം നിത്യം അഗന്ധവച്ഛം രൂപം കാണുന്നിടത്തെ അരൂപത്തെ കൽപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഗന്ധത്തെ അറിയുന്നിടത്താണ് ആ ഗന്ധത്തെ ഭാവന ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇല്ലെങ്കിൽ പിന്നെ അത് അപ്പൊ വ്യവഹാരത്തിൽ നിൽക്കുന്നവനാണ് വ്യവഹാര ആതീതനാകേണ്ടത് അപ്പൊ വ്യവഹാരം ഒരാൾക്കും ബല ഒഴിവാക്കാൻ പറ്റത്തില്ല അത് ജീവനിൽ സഹജമായി അനാദിയായി തുടർന്നു വരുന്ന ഒന്നാണ് അപ്പോൾ ബ്രഹ്മചര്യം സന്യാസം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വ്യവഹാരം വിട്ടുപോകുന്നില്ല വ്യവഹാരത്തിന്റെ രീതികൾ മാറുമെന്നുള്ളതേ ഉള്ളൂ അത് നമുക്കറിയാം ഗ്രഹസ്ഥൻ ഗാർഹസ്ഥയോ എന്ന് പറയുമ്പോൾ അവിടെ ഭാര്യയും മക്കളെയും സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും സംരക്ഷിക്കുന്നു ആശ്രമത്തിനും അത് തന്നെ ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കുക അപ്പവിടെ എന്ത് വരുന്നു വ്യവഹാരം അതേ സ്ഥല അതേ രീതിയിൽ തന്നെ വരുന്നു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഉരുത്തി പറയുന്നതനുസരിച്ച് പാചകം ചെയ്യേണ്ടി വരും കണ്ടുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വിട്ടിട്ട് ആശ്രമത്തിൽ വന്നു ഇവിടെ വീണ്ടും അത് തന്നെ കിട്ടി ഇതിനും നല്ലത് പെണ്ണ് കെട്ടി വീട്ടിൽ കഴിയുന്നതായിരുന്നു അവിടെയായാലും ഇത് തന്നെ ചെയ്യേണ്ടി വരും പാചകം ഇവിടെ വന്നപ്പോൾ ഇപ്പൊ അത് തന്നെ ചെയ്യേണ്ടി വന്നു അമ്മ എന്താ സന്യാസത്തിനെന്താ പ്രത്യേകത എന്താ വ്യവഹാരം അവിടെയും വരുന്നു സ്വഭാവം അവിടെ പാചകം ചെയ്യുന്നത് ഭാര്യ പറഞ്ഞിട്ട് ഇവിടെ സ്വാമി പറഞ്ഞിട്ട് ഈ ഇത് കഥയല്ല നേരിട്ട് ചോദിച്ചാണ് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആശ്രമത്തിൽ ഒന്ന് ഇത് ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റത്തില്ല തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും അത് ചെയ്തേ തീരൂ അപ്പൊ വ്യവഹാരത്തെ ബലാൽ വ്യവഹാരത്തിന്റെ രീതിയെ മാറ്റാം സ്വഭാവത്തെ മാറ്റാം അല്ലാതെ വ്യവഹാരത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഗുഹയിലെഴുന്നാലും വരും ഹിമാലയത്തിലൊക്കെ ചില ഭാഗങ്ങളിൽ ചില സാധകന്മാർ മരത്തിന്റെ മേളിൽ ചെറിയ വീടുണ്ടാക്കിയതിന്റെ മേളിൽ ഇരിക്കുന്നുണ്ട് താഴെ ഇറങ്ങത്തേയില്ല വ്യവഹാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിട്ടുള്ളതാണ് ഭൂമിയിലേക്ക് ഇറങ്ങത്തേല്ല വെള്ളവും മറ്റുമെല്ലാം ഇറങ്ങി പൈപ്പ് വഴി മേളിലേക്ക് കൊടുക്കും അത്യാവശ്യത്തിന് അങ്ങനെ വർഷങ്ങളോളം ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഒരു താഴെ ഇറങ്ങത്തില്ല കാരണം വ്യവഹാര ഭീതി ഭൂമി എന്ന് പറഞ്ഞാൽ വ്യവഹാരമായി കഴിഞ്ഞു അവിടെ തന്നെ ഇരിക്കുക പക്ഷെ അവിടെ ഇരുന്നാലും ഇരുന്ന് മേളിലിരുന്ന് ആകാശത്തിലേക്ക് നോയിക്കൊണ്ടിരുന്നാലും അത് മതി വ്യവഹാരം വൃക്ഷത്തിന്റെ മേളിലിരുന്ന് മറ്റു വൃക്ഷങ്ങളിലൊക്കെ ചാടിക്കിളിക്കുന്ന കുരങ്ങന്മാരെ നോക്കിക്കൊണ്ടിരുന്ന അത് വ്യവഹാരം തന്നെ വ്യവഹാരം അടുത്തു മോചിക്കാൻ നോക്കത്തില്ല വ്യവഹാരം ഏതെങ്കിലും തരത്തിലെ പഠിക്കും പക്ഷെ വ്യവഹാരത്തിൽ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവനിലുണ്ടായ ജാഗ്രത ഈശ്വര കാരണം കൊണ്ട് കിട്ടിയ ആ ജാഗ്രത നഷ്ടപ്പെടാൻ വ്യവഹാരം കാരണമായി തീരും അത് നഷ്ടപ്പെടരുത് അങ്ങനെ നഷ്ടപ്പെടുന്നതിനെയാണ് ശാസ്ത്രവാദിന്റെ ഭാഷയിൽ പറയുന്ന യോഗ ഭ്രഷ്ടൻ എന്ന് പറയുന്നു ആ ജാഗ്രതയ്ക്കനുസരിച്ച് അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല വ്യവഹാരത്തിൽ മുഴുകി പോകും അവനെ യോഗ ഭ്രഷ്ടനെന്ന് വിളിക്കും ഈശ്വര കൃപ ഉള്ളവനാണ് പക്ഷെ മറന്നുപോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ലക്ഷ്യത്തെ മാർഗത്തിൽ ലക്ഷ്യത്തെ വിസ്മരിക്കരുത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിലുള്ള വ്യവഹാരങ്ങളിൽ അശബ്ദം അസ്പർശം അരൂപം എന്ന് ധ്യാനിക്കണം നിരന്തരം അതിന് നിചായ നിരന്തര സാക്ഷാത്കരിച്ചിട്ട് സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്നെങ്കിലും ഒരിക്കൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല അന്തിമമായി നമ്മൾ സാക്ഷാത്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സാക്ഷാത്കാരത്തിന്റെ പ്രത്യാശയിലാണ് സാധകൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ സംഭവിക്കും എന്നാണ് പക്ഷെ അതങ്ങനെ അല്ല സാക്ഷാത്കാരം എന്ന് പറയുന്ന അത് അനുനിമിഷം അവന്റെ ജീവിതത്തിൽ ജീവന്റെ യാത്ര ജീവന്റെ ഗതിയിൽ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് സാധനയിൽ തന്നെ സാക്ഷാത്കാരം സംഭവിക്കണം എല്ലാ പണിയും കഴിച്ച് വിശ്രമിക്കുന്ന പോലെ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വിശ്രമവും കിട്ടണം സാധനയിൽ തന്നെ സാധ്യത കണ്ടെത്തണം സാധനയിൽ തന്നെ സാക്ഷാത്കാരം സംഭവിക്കണം അതാണ് പറയുന്നത് ശബ്ദത്തിൽ തന്നെ അശബ്ദത്തെ കാണും സ്പർശത്തിൽ തന്നെ അസ്പർശത്തെ കാണും സാധനയിൽ തന്നെ സാധനാ മാർഗത്തിൽ തന്നെ സാക്ഷാത്കാരം സംഭവിക്കണം ഈശ്വര വിസ്മൃതി വരുമ്പോൾ ആ സാക്ഷാത്കാരം നഷ്ടപ്പെടുന്നു ഈശ്വര സ്മൃതി നിലനിർത്തുമ്പോൾ ആ സാക്ഷാത്കാരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ല ഇന്ന് ജോലി ചെയ്യാം നാളെ വിശ്രമിക്കാം അത് ജോലിയെയും വിശ്രമത്തെയും സംബന്ധിച്ചുള്ള കാര്യമാണ് സാധനയും സാധ്യതയും സംബന്ധിച്ചുള്ള കാര്യമല്ല ഇവിടെ അങ്ങനെയല്ല നിച്ചായിയ എന്നാണ് ഈ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് നിരന്തരം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരുവൻ മൃത്യുമുഖാ ക്രമിച്ചത് അതെന്താണ് മോക്ഷം അവസാനം കിട്ടേണ്ടത് അല്ലെങ്കിൽ അല്ല നമ്മളെ ശ്രുതി എന്താണ് നിത്യമുക്തനാണ് അവസാനം ഏതെങ്കിലും കാലത്തിന് ഏതെങ്കിലും ദേശത്തിനപ്പുറം ചെന്ന് നേടിയെടുക്കേണ്ടി വന്നല്ല ബോർഡ് അത് നിജസ്വരൂപമാണ് നിത്യപ്രാപ്തമാണ് അതിന് അനുനിമിഷം നേടിയെടുക്കണം അതാണ് ശരിയായ സാധന എന്ന് പറയുന്നത് നിത്യമുക്തമായിരിക്കുന്ന സ്വസ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സാധന അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷാത്കാരം നിചായ അതിനെ സാക്ഷാത്കരിച്ച് മൃത്യുമുഖ മൃത്യുമുഖത്തിൽ നിന്നും മരണത്തിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ലാതെ വരും കാരണം എല്ലാവരും മരിക്കും ഇന്നുവരെ ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും മരിച്ചുപോയി പിന്നെ ആരാ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അപ്പം ആ മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല ഇവിടെ ശ്രുതി ഉദ്ദേശിക്കുന്നത് മരിക്കാതിരിക്കുകയല്ല മറിച്ച് അനുനിമിഷം ഈ പറയുന്ന അശബ്ദം അസ്പർശം എന്നുള്ള സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുകയാണ് അപ്പൊ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക അതിനെ വിസ്മരിച്ച് പോകാതിരിക്കുക അതാണ് ശരിക്കുള്ള സാക്ഷാത്കാരം സാക്ഷാത്കാരത്തിൽ കാലമില്ല നാളെ എന്നൊരു കാലമുണ്ടെങ്കിലേ നാളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും ഇന്നലെ ഇന്നും നാളെ എന്ന് പറയുന്ന ഒരു കാലം സാക്ഷാത്കാരത്തിലില്ല അതുകൊണ്ട് നാളെ സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല ഇന്നും പറ്റത്തില്ല ും കാലമാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതിന് വേണ്ടി പറയുന്നു അതിനാല് നിമിഷം സാക്ഷാത്കരിക്കണം കാലാതീതമായ അതാണ് അതുകൊണ്ട് നാളെ ഒരു സാക്ഷാത്കാരം അത് നേരത്തെ മായയുടെ സൃഷ്ടിയാണ് വ്യക്തിഹീനതയാണത് അത് നിരന്തരം കാലവ്യവധാനം കൂടാതെ സംഭവിക്കണം നിരന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരം വ്യവധാനം മറ അതുകൂടാതെ എന്തിന്റെ മറ സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്ന കാലമാണ് ഇപ്പൊ കാലത്തിന്റെ വ്യവധാനം കൂടാതെ സംഭവിക്കണം അനുനിമിഷം സംഭവിക്കണം അത് പറഞ്ഞും കേട്ടും മനസ്സിലാക്കേണ്ടതല്ല സ്വയം അതിന് ഗാഠമായി അനുസന്ധാനം ചെയ്ത് മനസ്സിലാക്കേണ്ട അതാണ് ഇവിടെ ശ്രീ പറയുന്നത് അത് ഉത്വ ശ്രുത്വാച മേധാവി അതിനെ കേട്ട് പറഞ്ഞ് ധ്യാനിച്ച് ബ്രഹ്മലോകെ മഹീയത അവൻ ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നു ്രഹ്മസ്വരൂപത്തിൽ അവൻ പൂജിതനായിത്തീരുന്നു ഈശ്വരസ്വരൂപനായിത്തീരുന്നു ഇവിടെ ഉപനിഷത്തിൽ അവസാനിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഗാഠമായി മനനം ചെയ്ത് സ്വായത്തമാക്കേണ്ട കാര്യങ്ങളാണ് കേട്ട് കളയേണ്ട കാര്യങ്ങളല്ല